ലുക്മാൻ അലിഹിസ്ലാം തന്റെ മകന് ഉപദേശം നൽകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ഓർക്കുക എൻറെ മകനെ നീ അള്ളാഹു സുബ്ഹാനഹുവാലായിക്കു പങ്കു ചേർക്കരുത് തീർച്ചയായും ഷിർക്ക് പങ്കു ചേർക്കൽ വലിയൊരു അക്രമമാകുന്നു